ധ്യായം രണ്ട് കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ നടത്തുന്നു അവർ വയലുകളെ മോഹിച്ച് പിടിച്ചുപറിക്കുന്നു അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ വംശത്തിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല നിവർന്ന് നടക്കുകയുമില്ല ഇത് ദുഷ്കാലമല്ലോ അന്നാളിൽ നിങ്ങളെക്കുറിച്ച് ഒരു പരിഹാസവാക്യം ചൊല്ലുകയും ഒരു വിലാപം വിലപിക്കുകയും ചെയ്തു കഥ കഴിഞ്ഞു നമുക്ക് പൂർണ്ണ സംഹാരം ഭവിച്ചിരിക്കുന്നു അവൻ എന്റെ ജനത്തിന്റെ ഓഹരി മാറ്റിക്കളഞ്ഞു അവനത് എന്റെ പക്കൽ നിന്ന് എങ്ങനെ നീക്കിക്കളയുന്നു വിശ്വാസത്യാഗികൾക്ക് അവൻ നമ്മുടെ വയലുകളെ വിഭാഗിച്ചുകൊടുക്കുന്നു എന്ന് പറയും അതുകൊണ്ട് ഈ ഹോവയുടെ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ നിനക്ക് ആരും പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു ഇവയെക്കുറിച്ച് അവർ പ്രസംഗിക്കേണ്ടതല്ല അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല യാക്കോപഗ്രഹമേ ഇതെന്തൊരു വാക്കാകുന്നു യഹോവ മുൻകോപിയോ അങ്ങനെയോ അവന്റെ പ്രവർത്തികൾ നേരായി നടക്കുന്നവന് വചനങ്ങൾ ഗുണകരമല്ലയോ മുമ്പേ തന്നെ എന്റെ ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു യുദ്ധവിമുഖന്മാരായി നിർഭയന്മാരായി കടന്നു പോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു നിങ്ങൾ എന്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എന്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ച് കളയുന്നു പുറപ്പെട്ടു പോകുവിൻ നാശത്തിന് കഠിന നാശത്തിന് കാരണമായിരിക്കുന്ന മാലിന്യനിമിത്തം ഇത് നിങ്ങൾക്ക് വിശ്രാമ സ്ഥലമല്ല ഒരു തൻ കാറ്റിനെയും വ്യാജത്തെയും ഞാൻ വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും നിന്നോട് പ്രസംഗിക്കും എന്നിങ്ങനെയുള്ള വ്യാജം പറഞ്ഞാൽ അവൻ ഈ ജനത്തിന് ഒരു പ്രസംഗിയായിരിക്കും യാക്കോബെ ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും തൊഴുത്തിലെ ആടുകളെപ്പോലെ മേച്ചൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പോലെ ഞാൻ അവരെ ഒരുമിച്ചു കൂട്ടും ആൾപരുപ്പം ഹേതുവായി അവിടെ മുഴക്കം ഉണ്ടാകും പുറപ്പെടുന്നു അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും അവരുടെ രാജാവ് അവർക്കു യഹോവ അവരുടെ തലയ്ക്കലും നടക്കും